സത്യവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും നിങ്ങൾ കാണുന്ന ദിവസം അവരുടെ പ്രകാശം അവരുടെ മുൻപിലും വലതുവശത്തുമായി ഒഴുകുന്നുണ്ടാകും അവരോട് പറയപ്പെടും ഇന്ന് നിങ്ങൾക്ക് സന്തോഷവാർത്ത താഴെത്തട്ടിലൂടെ അരുവികളൊഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അവിടെ നിങ്ങൾ ശാശ്വതമായി വസിക്കുന്നതാണ് അതാണ് മഹത്തായ വിജയം